്രഹ്മഭൂതാത്മാോചതി നക്ഷു ഭൂത മദ്ഭക്തി ലഭത്തെ പരാ നോക്കൂ ഭക്തിഭക്തി എന്ന് പറഞ്ഞ് എല്ലാരും പറയുണ്ട് ഞങ്ങൾക്ക് ഭക്തി വേണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭക്തി വേണം എന്ന് പറയുന്നത് അതിൽ ഭക്തിയിലെ ഏറ്റവും വലിയ ഭക്തി എന്താന്ന് വെച്ചാൽ പരാഭക്തി അപരാഭക്തി എന്താണ് എന്നുവെച്ചാൽ ഞാൻ നീ അവൻ എന്നുള്ള ഭേദത്തോടു കൂടെ ഭഗവാൻ എടുത്ത ഒരു ഭക്തി പല വിഷയങ്ങൾ ലോകത്തിൽ പല ആളുകളുണ്ട് ഭഗവാനുണ്ട് അങ്ങനെയാണ് സാധാരണ എല്ലാ മതത്തിലുള്ള ഭക്തി എങ്ങനെയാണ് ഞങ്ങളുടെ ദൈവം എല്ലാ ഏറ്റവും വലിയ ദൈവം നിങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവമൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ ദൈവമു ഒരാള് ലോകമുണ്ട് ഞാനും ഉണ്ട് ദൈവമുണ്ട് അപ്പോ ഇതാണ് സാധാരണ ഭക്തി അതിൽ അഹങ്കാരം ഉണ്ടാവും ഫനറ്റിസിസം ഉണ്ടാവും എല്ലാ ദോഷങ്ങളും ഉണ്ടാവും പരാഭക്തി എന്താണെന്ന് ഭഗവാൻ പറയാണ് നമ്മൾ എങ്ങനെയോ അങ്ങനെയാണ് നമ്മൾ പ്രപഞ്ചത്തിനെയും ഭഗവാനെയും കാണുന്നത് വിവേകാനന്ദ സ്വാമി പറഞ്ഞു മനുഷ്യൻ ദൈവത്തിന് തന്നെ പോലെ തന്നെ കുറച്ചുകൂടെ വൈഭവമുള്ളവനായിട്ട് കാണുന്നു ഒരു സിംഹത്തിന് ഭഗവാനെ തോന്നുമെങ്കിൽ ആ ഒരു വലിയ സിംഹമായിട്ട് കാണും അതിൻ്റെ അതിന്റെ ഭാവത്തിനനുസരിച്ചാണ് അപ്പോ ഇതൊക്കെ പ്രാകൃതമായിട്ടും അപ്പൊ നമ്മൾക്ക് നമ്മളുടെ കാഴ്ചപ്പാട് തന്നെ ശരിയില്ല നമ്മളുടെ കാഴ്ചപ്പാട് മാറുംതോറും നമ്മൾ തന്നെ ശരീരികളല്ല ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്ന് തള്ളിക്കളഞ്ഞ് ശുദ്ധ ബോധസ്വരൂപനായി ഞാൻ എന്നെ അറിയുമ്പോൾ തന്നെ ഉപാധിവിട്ട് ഓർവത് താൻ ഈശൻ തന്നെ ഉണർവതാം ഉളിർവതാൽ ഉന്തീപര ഈശ ജീവയോ വേഷധീപിത സത്സ്വഭാവ വസ്തു കേവലം വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മ ൂപത ഉപദേശസാരത്തില് ഭഗവാൻ രമണ മഹർഷി പറഞ്ഞു ഈശ്വരനും ജീവനും വേഷത്തിലാണ് വേഷം അഴിച്ചു കഴിഞ്ഞാൽ ഈശ്വരനും ജീവനും ഒന്നുമില്ല ഒക്കെ ചൈതന്യമയം ഈ വേഷം ഉപാധിയിലാണ് വ്യത്യാസം ഈ ഉപാധിയെ തന്റെ ഉപാധിയെ മാറ്റി നിർത്തി തന്നെ തന്റെ ലിമിറ്റേഷൻ ഒക്കെ മാറ്റി നിർത്തി താൻ ആരാണെന്ന് അറിയുമ്പോ ഈശ്വദർശനം ആത്മദർശനം അപ്പോ ബ്രഹ്മഭൂതനായിട്ട് തീരുന്നു അയാള് സ്വയം താൻ ബ്രഹ്മമാണ് എന്ന് അനുഭവിക്കുമ്പോ ശ്ലോകം വായച്ച ലലു ബ്രഹ്മഭൂത്ത പ്രസന് നോചതി നക്ഷതി സമസ് മത്ഭക്തിലഭത്തെ പരാധ അധ്യാത്മ പ്രസ ബ്രഹ്മഭൂത ആത്മാവിനെ തെളിഞ്ഞ് അനുഭവിക്കുന്നവൻ ആത്മാവാണ് ഞാൻ എന്ന് അനുഭവിക്കുന്നവൻ ബ്രഹ്മഭൂതൻ എന്ന് പറയപ്പെടുന്നു ആത്മസാക്ഷാത്കാരം നേടിയ ആള് അയാള് അയാൾക്ക് എന്താ ലക്ഷണം ന ശോചതി ന കാക്ഷതി അയാൾക്ക് കഴിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള ശോകമോ വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷയോ രണ്ടുമില്ല ആഗ്രഹമോ ഒന്നുമില്ല പ്രസന്നനാണ് അയാൾ എന്തുകൊണ്ടതില്ല അയാൾക്ക് മനസ്സേ ഇല്ല മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സേ ഇല്ല സങ്കല്പവികല്പാത്മകമായ മനസ്സില്ല അവിടെ ആത്മാവേ ഉള്ളൂ അനുഭവമണ്ഡലത്തിൽ ആത്മാവേ ഉള്ളൂ അപ്പൊ അയാൾക്ക് ശോകമില്ല എന്തെങ്കിലും വേണമെന്നുള്ള ഭാവനയും പിന്നെ അയാൾ മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ എങ്ങനെ കാണുന്നു സമ സർവേഷു ഭൂതേഷു തന്നെ കാണുന്ന പോലെ തന്നെ പ്രപഞ്ചത്തിനെയും കാണുന്നു ആത്മവത് സർവഭൂതാണി എല്ലാവരുടെ അടുത്തും എല്ലാവരെയും കാണുമ്പോ സമസർവേഷു ഭൂത്തേഷു അത് രണ്ടു വിധത്തില് ഒന്ന് ആരെ കണ്ടാലും ഏത് പ്രാണിയെ കണ്ടാലും തന്റെ സമനിലയ്ക്ക് ഒരു ചലനമില്ല എന്താന്ന് വെച്ചാൽ കാണുമ്പോഴും ഒന്നും കാണുന്നില്ല കാണുമ്പോഴും യാതൊന്നും കാണുന്നില്ല ഒരു വിധത്തിൽ ജ്ഞാനിയുടെ കണ്ണിനെ എന്തു പറയുന്ന വെച്ചാൽ ആട്ടിന്റെ കണ്ണ് എന്ന് പറയും അതായത് ആടിന്റെ കണ്ണെടുത്ത് മനുഷ്യന് ഫിറ്റ് ചെയ്യുവല്ലോ അത് വെറുതെ വെക്കാൻ പറ്റുള്ളൂ അത് കാണുവൊന്നുമില്ല അത് കാണുവൊന്നുമില്ല അതുപോലെ ജ്ഞാനിയുടെ ദൃഷ്ടിയിലും പ്രപഞ്ച ദൃഷ്ടി ഇല്ലാത്തത് അങ്ങനെ ഒരു ദൃഷ്ടാന്തം പറയും വാസന ഇല്ലാത്തത് കൊണ്ട് വിശേഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പ്രസന്നാത്മാ നശോചതി നാങ്ക്ഷതി സർവേഷു ഭൂതേഷു സമഹ എല്ലാ പ്രാണികളോടും സമബുദ്ധിയും അങ്ങനെ വരുമ്പോ ഭഗവാൻ ഒരു ആശ്ചര്യം പറഞ്ഞു മദ്ഭക്തി പരാം. പറം അവിടെ അയാളുടെ ചിത്തം എന്ന് പറയണത് മനസ്സെന്ന് പറഞ്ഞത് ഈശ്വരന്റെ ഒരു ശക്തി വിശേഷമായിട്ട് തീരുന്നു അയാളുടെ മനസ്സെന്ന് പറയണത് ഈശ്വരന്റെ ഭാഷയായിട്ട് തീരുന്നു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിയൻ വിത്ത് ദ ഇന്നർ ബീങ് അവിടെ ആത്മാവിന്റെ തന്നെ ഒരു ഭാഷയായിട്ട് തീരുന്നു അയാളുടെ മനസ്സ് അയാളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു വിഭൂതിയായിട്ട് തരണം ആ വിഭൂതി എന്തു കാണുന്നു എല്ലായിടത്തും എന്ന് വെച്ചാൽ മദ്ഭക്തി ലഭത അവിടെ ഭക്തി ഉണ്ടാവണു എന്ന് പറഞ്ഞു അതെങ്ങനെയാ അത് ജ്ഞാനിക്കെന്തു ഭക്തി ഭാഗവതം ഇതാണ് പറഞ്ഞത് സർവഭൂതേഷു എഫ് പശ്യേത് ഭഗവത് ഭാവം ആത്മന ഭൂതാനി ഭഗവതി ആത്മനിഷ ഭാഗവതോത്ത സർവഭൂതേഷു എഫ് പശ്യേത് ഭഗവത്ഭാവം ആത്മനഹ ആത്മനഹ ഭഗവത്ഭാവം സർവഭൂതേഷു യഹ് പശ്യേത് ഇതിന് നിർഗുണാ ഭക്തിഹി എന്ന് പറയണു ഭാഗവതം നിർഗുണേ ആർ അതിഹി എന്ന് പറാ പ്രാണികളിലും ഭഗവാനെ കാണുന്നു ഭഗവാൻ എന്ന് വെച്ചാൽ എന്താ ആത്മാതന്നെ ദർശനം കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാഴ്ച എന്ന് പറയുന്ന ഈ മൂന്നില്ലാതെ ഒരു പ്രത്യേക ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വല്ലതും മനസ്സിലാവില്ലേ അല്ലേ ആ സ്ഥിതിയിലിരിക്കുന്നവർക്കേ അറിയുള്ളൂ കന്ദർ അനുഭൂതിയിൽ അരുണഗിരിനാഥർ പറഞ്ഞു അവർ അറിവാറ് അറികതലാൽ എവ്വാറൊരു വർക്കി ശൈവിപ്പതുവേ അത് അതുപോലെ അറിയുന്നവരറിയുമെന്നല്ലാതെ വേറെ ഒരാളെങ്ങനെ പറഞ്ഞു കൊടുക്കും അവർ അറിവാറികതലാൽ എവ്വാറൊരു വർക്ക് ശൈവിപ്പതുവേ അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന് അത് അതേപോലെ അറിയണം ആ രീതിയിൽ തന്നെ അതിനെ അറിഞ്ഞ് അനുഭവിക്കണമെന്നല്ലാതെ അതിനെ വേറെ ഒരാൾക്ക് പോയിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ പറയാൻ ഒക്കില്ല അതിന് അനുപമം എന്നാണ് അത് ഇന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല അനന്വയം എന്ന് പറഞ്ഞാൽ അഹങ്ക അലങ്കാരമാണ് അന്വയമില്ല അതിന് എന്ന് പറയാൻ ഒക്കില്ല അതുകൊണ്ടാണ് ആകാശം പോലെ എന്ന് പറഞ്ഞു ഗൗഡപാദാചാര്യർ അപ്പോ ചുരുക്കത്തില് പരമഭക്തനാണ് ഞാനിത് ഇത്ര അറിഞ്ഞാ മതി ഞാൻ ഈ പരമഭക്തനാണ് ഭക്തിയുടെ പരമ കാഷ്ടയാണ് അവിടെ സ്വാർത്ഥതയുടെ ലേശം പോലും ഉണ്ടാവാൻ പറ്റില്ല സ്വാർത്ഥതയുടെ ലേശമെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അയാള് ബ്രഹ്മഭൂതനല്ല എന്നറിഞ്ഞാ മതി അയാള് ജ്ഞാനനിഷ്ഠനല്ല എന്നറിഞ്ഞാ മതി സ്വാർത്ഥയുടെ സ്വാർത്ഥത അല്പം പോലും ഇല്ലാതായി തീരുകയും സർവത്ര ഒരേ ഹരി ഒരേ ഭഗവാനെ എല്ലാറ്റുള്ളിലും എല്ലാ സ്ഥലത്തും കാണുകയും കാണുക ഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ ത്രിപുടിയില്ലാതെ ആത്മദർശനം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ആള് കണ്ണു തുറന്ന് തന്നെ മുക്തനാണ് അയാൾ കണ്ണടച്ച് ധ്യാനിച്ചൊന്നും നേടാനില്ല കണ്ണു തുറന്ന് തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ അയാള് പ്രപഞ്ചത്തിനെ കാണുന്നില്ല ബ്രഹ്മത്തിനെയാണ് കാണുന്നത് കണ്ണടച്ചിരുന്നാലും അയാൾക്കൊന്നു തന്നെ കണ്ണു തുറന്നിരുന്നാലും അയാൾക്കൊന്നു തന്നെ കണ്ണു തുറന്ന് ഈ വിശ്വം വിഷ്ണു വിശ്വം തന്നെ വിഷ്ണുവാണ് എന്താ അത് ശ്രുതി പ്രമാണീകമതിയാണ് അയാള് തത്സൃഷ്ടുപ്രാവിശത്ത് തദ്പ്രവിശ്യ സച്ചാത് നിരുതഞ്ചാരുതഞ്ച് നിളയനഞ്ചാ നിളയനഞ്ച് വിജ്ഞാനം ചാവിജ്ഞാനം ചത്യഞ്ചാ നൃത്തഞ്ച് ശ്രുതി പറഞ്ഞു അത് സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് നിരുക്തവും അനിരുക്തവും നിളയനവും അനിലയനവും സത്യവും കള്ളവും ഒക്കെ ആയിട്ട് എന്നാണ് പിന്നെന്താ സകലതു അത് തന്നെ ഈ ദർശനം പ്രമാണൈകമതിയായിട്ടുള്ള ജ്ഞാനിക്ക് സകലതും ഭഗവത് സ്വരൂപമായിട്ട് കാണുമ്പോ അയാൾക്ക് ശോകവുമില്ല ആകാംക്ഷയുമില്ല ഒരു ദുഃഖമുമില്ല നപ്രാപ്ത വിഷയാ ആകാംക്ഷ ബ്രഹ്മവിദ ഉപപയു ഭൂതേഷു ആത്മൌപമ്യേന ദുഃഖം സുഖം വ സമേവ പശ്യത്തി എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ജ്ഞാനിയെ പറഞ്ഞിട്ട് ആ ഭക്തി ഉണ്ടല്ലോ ആ ഭക്തി വരുമ്പോ ആ ഒരു വാസ്തവത്തിലുള്ള ലവും ശരിയായിട്ടുള്ള പ്രേമം അല്ലേ ഒരു മഹാപുരുഷന് ഒരു ജ്ഞാനിക്ക് നേടിയെടുക്കേണ്ടത് നേടിയെടുത്ത് കഴിഞ്ഞിട്ട് ലോകത്തിലൊരു കരുണയൊക്കെ വരും ആ കരുണ കൊണ്ട് അയാൾക്കൊന്നും നേടിയെടുക്കാനില്ല സാധാരണ അവരവരുടെ കുടുംബത്തിന് വേണ്ടി ആളുകൾ പ്രവർത്തിക്കും തനിക്ക് വേണ്ട ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കും ഒരു ലാഭവുമില്ലാതെ ഒരു ശങ്കരാചാര്യരോ മറ്റോ ഭാരതം മുഴുവൻ നടന്ന് വിഷമിച്ച് നമ്മൾ കൊടുക്കുന്നത് കുറെ ചീത്ത മാത്രമാണ് അല്ലേ നാരായണ ഗുരു പറഞ്ഞു അദ്ദേഹത്തിന്റെ സുബ്രഹ്മണ്യ ദശകം എന്നൊരു സ്ത്രോത്രണ്ട് അതിൽ പറഞ്ഞു സ്പഷ്ടം നിലാവങ് നീങ്ങി ദിനകരന ഉദയം ചെയ്തു ഉള്ളിലുള്ള അജ്ഞാനം അങ്ങനെ നീങ്ങി ആത്മബോധം ഉണ്ടായി ചന്ദ്രൻ മറഞ്ഞു ഇപ്പൊ എന്താ ഇനി കുറച്ചുകൂടെ ജോലി ബാക്കിയുണ്ട് തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയതിലാക്കുവാൻ പിന്നെയാട്ടേ കുറച്ചു കുറച്ച് തട്ടി തട്ടി പെരുക്കി പൂർണമായി സമാധിയിലിരിക്കാം ആ ലോകത്തിലിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാം ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുമാവാം ഏകാന്തമായിട്ട് സമാധിയിലിരിക്കാം അല്ലെങ്കിൽ പ്രവർത്തിക്കാം ഇപ്പൊ എന്തിനാ പ്രവർത്തിക്കാൻ പുറപ്പെടണതെന്ന് വെച്ചാൽ കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോ ഉത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിപ്പോൾ കള്ളും കുടിച്ച് മത്സ്യമാംസങ്ങളും ഭക്ഷിച്ച് വ്യാധി പിടിച്ച് കഷ്ടപ്പെടുന്നവരെ കണ്ട് ഒന്നു എഴുന്നേക്കൂ ഈ വേണ്ടാത്തവർക്ക് ഉപേക്ഷിക്കൂ കള്ളു കുടിക്കരുത് ചെത്തരുത് എന്നൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്ന മഹാപുരുഷന്റെ പുറകെ ഇപ്പൊ എന്താ ഉള്ളത് ആ കള്ളു കുടിക്കുന്നു ചെത്തരുത് എന്തൊക്കെയോ പറഞ്ഞു നടന്നു അല്ലേ ഉത്തിഷ്ടോ അദ്ദേഹം സമാധിസ്ഥിതിയിൽ നിന്ന് ഇറങ്ങി വന്നത് മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് എന്നാണ് കേരളത്തിന്റെ സ്ഥിതി എന്താപ്പോ മധ്യകേരളം മധ്യ ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം എന്നൊക്കെ പറഞ്ഞു ഉദ്ബോധനം ചെയ്യാൻ അപ്പോ അതാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി ഒരു പർപ്പസും എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എല്ലാവരും ക്ഷേമമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ തന്നെ അവർ അപമാനിച്ചാലും ഉപദ്രവിച്ചാലും എന്തൊക്കെ ചെയ്താൽ എല്ലാവരും സമാധാനമായിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം ശാന്തമായിട്ടിരിക്കണമെന്ന് ഒരു പരമഹംസൻ നിശ്ചയിക്കുമ്പോൾ ഒരു ശങ്കരാചാര്യരെ നിശ്ചയിക്കുമ്പോൾ ഒരു രമണ മഹർഷി നിശ്ചയിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഒരു ജ്ഞാനി എത്രയോ അറിയാത്ത മഹാപുരുഷന്മാർ അല്ലെ നമ്മൾ കുറച്ച് അറിയുന്ന ആളുകൾ പേര് മാത്രം പറഞ്ഞു അവർ മാത്രം ധരിക്കേണ്ട എത്രയോ അറിയാത്ത ആളുകളും എത്രയോ ആളുകൾ ലോകമംഗളത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ യാതൊരു ബെനിഫിറ്റും അവർക്കില്ലാതെ ചെയ്യുന്നത് ഭക്തിയാണെന്ന് പറഞ്ഞു ഭഗവാൻ അത് ഉത്തമ ഭക്തിയാണെന്ന് പറഞ്ഞു ആ ഭക്തി കൊണ്ട് നല്ലവണ്ണ എന്നെ അടുത്ത ശ്ലോകു ഭീവാ തോമാ വിശത്തെ തരം ഭക്യാ മാം അഭിജാതി ഭക്തികുണ്ഡനെ അടുത്ത് അറിയു ഉപദേശിക്കുമ്പ പറഞ്ഞു യാവാനഹം യഥാ യദ്രൂപുണകർമ്മ തത്വവിജ്ഞാനമസ്തു തേ മദനുഗ്രഹാ എന്ന് പറഞ്ഞ ആദ്യ ആശീർവദിച്ചു യാവാൻ അഹം യഥാഭാവോ യൂപഗുണകർമ്മക്ക ഞാൻ ആശീർവദിക്കുന്നു എനിക്ക് തത്വജ്ഞാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുകയാണ് ഭഗവാൻ ആദ്യം ആ പുരുഷന്മാര് വായി നിറയെ പറയും ശിഷ്യന്മാരുടെ അടുത്ത് നീ ക്ഷേമമായിട്ടിരിക്കണം കേട്ടോ സൗഖ്യമായിട്ടിരിക്കണം ഒരു വിഷമം ഉണ്ടാവരുത് ക്ഷേമമായിട്ടിരിക്കണം ഇപ്പൊ ഭാരതീയതീർത്ഥസ്വാമിയുടെ അടുത്ത് ഒരുപാട് ഒരു രാഷ്ട്രീയം ഞാൻ കണ്ടത് അത് വായി നിറയെ പറയും വരണവരുടെ അടുത്തൊക്കെ പരിപൂർണ ക്ഷേമമായിരിക്കണം ആശീർവാദം വായ് നിറയെ പറഞ്ഞുകൊണ്ടേയിരിക്കണം പരിപൂർണമാ ആശീർവാദം അതിലൊരു ലജ്ജൊന്നുമില്ല അത് ഒരു കുറവൊന്നുമില്ല പരിപൂർണ ആശീർവം ക്ഷേമമായിട്ടിരിക്കണം നന്നായിട്ടിരിക്കണം സൗഖ്യമായിട്ടിരിക്കണം പറഞ്ഞുകൊണ്ടേയിരിക്കണം വായി വലിയ ആളുകൾ കുട്ടികളോടും അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം വീട്ടിലുള്ള അമ്മമാരും നീ ഉരുപടലിയാ നീ നന്നാവില്ലേ അങ്ങനൊന്നും പറയാൻ പാടില്ല വായി നിറയെ പറഞ്ഞുകൊണ്ടേയിരിക്കണം നീ ക്ഷേമമായിട്ടിരിക്കുന്നു സൗഖ്യമായിട്ടിരിക്കുന്നു നന്നായിട്ടിരിക്കണം ഒരു ദോഷം നിനക്ക് വരില്ല ഒരു കുറവ് നിനക്ക് വരില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അയാളിൽ ഉണ്ടെങ്കിൽ പോലും ആ ദോഷമൊക്കെ വീണുപോയിക്കളയും കുറെ കാലം അയാളുടെ ഉള്ളിൽ നീ നന്നായിട്ടിരിക്കണം ക്ഷേമമായിട്ടിരിക്കണം മംഗളമായിട്ടിരിക്കണം സുഖമായിട്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലേ രാമനെ എഴുന്നേൽപ്പിക്കുമ്പോൾ വസിഷ്ഠൻ വിശ്വാമിത്രൻ കൗസല്യാ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തത ഉത്തിഷ്ഠ നരശാർധൂല കർത്തവ്യം ദൈവമാ എന്ന് പറയുമ്പോ നരശാർദുല കൗസല്യാ സുപ്രചാരാമ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു കൊണ്ടാണ് എഴുന്നേപ്പിക്കണത് ഭക്തിയാമാ അഭിജാനാതി ഭക്തി കൊണ്ട് തന്നെ നല്ലവണ്ണം അറിയും യാവാൻ ഞാൻ എത്ര കണ്ടുണ്ട് എന്നറിയും എന്നുവെച്ചാൽ ഭഗവാൻ ഒരു പ്ലാസ്റ്റിക് സാധനമല്ല എല്ലാ രൂപത്തിലും എല്ലാ ഭാവത്തിലും എല്ലാ വെറൈറ്റിയിലും ഏകം സത് ആ ഏകം സത്ത് എന്നുള്ളത് അധസത്തയാണ് അത് തന്നെയാണ് ഒരു പുഷ്പമായിട്ട് പൂത്ത് നിന്ന് കുറച്ച് നേരത്തേക്കുള്ള പൊലിഞ്ഞു പോണത് ആ സത്യം തന്നെയാണ് ആകാശത്തിൽ വായുവായിട്ട് വീശിക്കൊണ്ടിരിക്കുന്നത് മേഘമായിട്ട് മാറുന്നത് സൂര്യോദയമായിട്ട് ഇരിക്കണത് അസ്തമിക്കണത് ആ സത്യം തന്നെയാണ് ഭൂമിയിൽ ഗന്ധവതിയായിട്ട് നിൽക്കണത് എല്ലാറ്റിനുള്ളിലും ശ്രുതി തന്നെ മനോഹരമായിട്ട് യഹ് പൃഥിവ്യം തിഷ്ട്രൃഥി അന്തരോ യം പൃഥി നൃഥി ശരീരം യഹ് പൃഥി യമയതി യേശേ ആത്മാ അന്തരമൃത ഭൂമിക്കുള്ളില് വായുവിന്റെ ഉള്ളില് ആകാശത്തില് ഭൂമി എല്ലാത്തിലും സർവേഷു ഭൂതേഷു തിഷ്ഠന് എല്ലാ പ്രാണികളുടെ ഉള്ളിലും അന്തര്യാമിയായിട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഏത് രൂപത്തിൽ വരാം ഏത് ഭാവത്തിൽ വരാം ഭക്തന് അനുഭൂതിസമ്പന്നനായിട്ടുള്ളവൻ പുരുഷവിധത്വം അറിഞ്ഞവനാണ് ഈശ്വരന്റെ അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ചൈതന്യം ഇൻഡിഫൈനബിൾ ആണ് ഫോംലെസ് ആണ് അങ്ങനെയൊന്നുമില്ല രാമകൃഷ്ണദേവൻ ഇടക്കിടയ്ക്ക് പറയും നിർഗുണനും അവനാണ് സഗുണനും അവനാണ് നിരാകാരനും അവനാണ് സാകാരനും അവനാണ് ഉള്ളില് ചിത്തായിട്ടിരിക്കും പുറമേക്കൊരു രൂപം ധരിച്ചു വരാൻ എന്ത് ബുദ്ധിമുട്ടും അല്ലേ രാമലിംഗ സ്വാമികൾ നൂറ് പാട്ട് എഴുതിയിട്ടുണ്ട് തിരുവരുപാല് നൂറ് പാട്ടും ഒരു വിഷയം പറഞ്ഞിട്ടാ എന്താ വിഷയം എന്ന് വെച്ചാൽ ആ വലിയ ജ്ഞാനിയാണ് അദ്ദേഹം അദ്ദേഹം പറയണു ഒരു ദിവസം രാത്രി കരുങ്കുഴി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു മുറിയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു ഭഗവത് പ്രാപ്തിക്കായിട്ട് അപ്പൊ പറയണത് ശിവൻ വന്ന് വാതില് മുട്ടിന്നാണ് വാതില് തുറന്നപ്പോ ഒരു കാല് മുറിക്കുള്ളിൽ എടുത്തു വെച്ച് ഒരു കാലു പുറത്തെടുത്ത് വെച്ച് കയ്യിൽ എന്തോ ഒന്ന് ദിവ്യമായിട്ട് കൊടുത്തു അത്രേ ഇതൊരു ഇൻസിഡന്റ് നടന്നു പ്രത്യക്ഷമായിട്ട് ആ ഇൻസിഡൻറ്റിനെ വെച്ചുകൊണ്ട് നൂറു പാട്ടാണ് നൂറു പാട്ടിലും ഇതൊറ്റ വിഷയമാണ് ഒരു ഒരു വാക്ക് പോലും മാറില്ല ഒരു കാലു ഉള്ളിലും ഒരു കാലു പുറത്തും വെച്ച് കാല് കഴക്ക വന്ന് എന്നെ തട്ടി വാതിൽ തുറക്കാൻ വെച്ച് അതുപോലും തനിയെ തുറന്നു അങ്ങനെയൊന്നും പറഞ്ഞില്ല തുറക്കാൻ വെച്ച് എന്റെ കയ്യിൽ ഒന്ന് തന്നു അത് ഞാൻ വാങ്ങിക്കാൻ വിസമ്മതിച്ചു അത് നിർബന്ധമായി എനിക്ക് തന്നു പിന്നെയാണ് അതിന്റെ അനുഗ്രഹം മനസ്സിലായത് പറഞ്ഞു പാട്ടാണ് നൂറ് പാട്ട് നൂറ് പാട്ട് ഒറ്റ വിഷയമാണ് ഇപ്പോ നമ്മള് ഭഗവാൻ വെച്ചാരൂപത്തിൽ വരില്ല എന്ന് പറയാൻ പറ്റില്ല രൂപത്തിൽ വരുന്നതാണ് പരമാർത്ഥമെന്ന് പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ഈ എപ്പം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അനിർവചനീയം തസ്യ സ്വരൂപം നിർവചിക്കാൻ കഴിയില്ല രൂപത്തിൽ വരാം രൂപമില്ലാതിരിക്കാം ഉള്ളിൽ അന്തര്യാമിയായി വരാം പുറമേക്ക് വരാം യാവാനഹം യഥാഭാവോ ഈ അനന്തമായ ബ്രഹ്മാണ്ടത്തിൽ രൂപത്തിൽ വന്ന് തന്നെ നിർഗുണമായിട്ടിരിക്കാം അനുഭൂതിസമ്പന്നന്മാർക്ക് അറിയാം ചിലപ്പോൾ രൂപത്തിൽ പ്രകാശിക്കും നിർവികൽപ്പ അനുഭവമായിരിക്കും അതെങ്ങനെയും ചോദിക്കരുത് രൂപത്തിൽ മുമ്പിൽ വരും നിർവികൽപാനുഭവമായിരിക്കും ഭാഗവതത്തിൽ തന്നെ കൃഷ്ണൻ മുമ്പിൽ പ്രകാശിക്കുമ്പോ വസുദേവർക്ക് നിർവികൽപാനുഭവമാണ് ദേവകിക്ക് നിർവികൽപാനുഭവമാണ് രൂപത്തിലെ ഒരു കൃഷ്ണൻ ഇരിക്കുന്നു ഭംഗിയായി കൊച്ചുകുട്ടിയായിരിക്കണോ നീലക്കളറിലിരിക്കണോ ഒന്നും തോന്നിയില്ല കൃഷ്ണനെ കണ്ടിട്ട് ദേവകി പറയണത് രൂപം യത്തത് പ്രാഹു ബ്രഹ്മജ്യോതിഹി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപ രൂപം കണ്ട് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് പറയേണ്ട ശ്ലോകാണത് എന്തേ ആ മുമ്പിൽ കാണുന്നത് നിർവികൽപ്പമാണ്ദ്ഗർഭ നിർഭാസരൂപം എന്നാണ് ഭട്ടതിരി പറഞ്ഞത് ചിദ്ഗർഭ നിർഭാസം ചിദ്രസം എന്നൊക്കെയാണ് പറയണത് ചിദ് വപുഹു എന്നൊക്കെ അപ്പൊ മുമ്പിൽ ഒരു രൂപത്തിൽ വന്നാൽ പോലും നിർവികൽപ്പത്തിന് തടയൊന്നുമില്ല പ്രതിബന്ധമല്ല അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ല ഒരിക്കൽ നമ്മൾ ഉള്ളിലുള്ള പൂട്ട് തുറക്കണം അല്ലാതെ ഇത് തുറക്കില്ല ഒന്നു മാത്രം നിശ്ചയം ഉള്ളിലുള്ള വസ്തുവിനെ അറിയാതെ ഈ ഒരു അനന്തതയുടെ കഥകൾ തുറക്കില്ല ആ ഉള്ളിലുള്ളത് തുറന്നു കഴിഞ്ഞാൽ യാവാനഹം യസ് ഞാൻ ചൈതന്യമാണെന്ന് അറിയുകയും ആ ചൈതന്യം എന്ന് പറഞ്ഞാൽ എല്ലാ എന്തൊക്കെ ഭാവത്തിൽ വരാമെന്നും അതിന്റെ അന്തഃസത്ത തത്വത അത് വേറെയല്ല താൻ വേറെയല്ല എന്നുള്ള തത്വജ്ഞാനത്തോടുകൂടെ അറിയുന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വിശത്തെ തത് അനന്തരം കഴിഞ്ഞാൽ അടുത്ത ക്ഷണം അന്തരം വിന അതിൽ നിന്നും ഒരു ക്ഷണനേരം പോലും ബാക്കിയില്ലാതെ അതിനും തനിക്കും നടുവിലൊരു ഗ്യാപ്പ് ഇല്ലാതെ താൻ അതായിട്ട് തന്നെ തീരും विना അന്തരം വിനവിശത്തെ ഭക്യാമതി ഉപാധിതവിസ്തരഭേദോ യോധിഭേദ ഉത്തമപുരുഷ ആകാശകൽപ്പം മാം അദ്വൈതം ചൈതന്യമാത്രൈകരസം അജം അജരം അമരം അഭയം അനിധനം താത്വികമായിട്ട് അറിയുന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് തദനന്തരം മാമേവേ ജ്ഞാനന്തര പ്രവേശക്രിയെ പിന്നെ അവിടെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പ്രവേശിക്കാന്നുള്ള കാര്യമില്ല അറിയുന്നത് തന്നെ പ്രവേശമാണ് അതിനെ അറിയുമ്പോ തന്നെ അതായിട്ട് തീരുന്നു ബ്രഹ്മത്തിനെ അറിയുന്നവൻ ബ്രഹ്മമായിട്ട് തീരുന്നു ബ്രഹ്മത്തിനെ അറിയുവൻ ബ്രഹ്മവിത്തല്ല ബ്രഹ്മം തന്നെയാണ് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോ ക്ഷേത്രജ്ഞ പരമാത്മ പരമാത്മൈകത്വജ്ഞാനം അത് ഹൃദയത്തിലുണ്ടാവും ആ അനുഭൂതിയാണ് ലാറ്റിന്റെയും മകുടമായിട്ടുള്ള അനുഭവം അപ്പൊ ഈ അനുഭവത്തിനെ പറഞ്ഞിട്ട് ഭക്തിയെ പറഞ്ഞു ഭഗവാൻ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ഭക്തിമാമ അഭിജാനാതി യാനശാസ്മി തത്വത എന്ന് പറഞ്ഞിട്ട് ശരി ഭഗവാനേ ഈ ഭക്തി ഞാൻ നേടാനായിട്ട് കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കട്ടെ വീണ്ടും ചോദ്യമാണ് എന്റെ കർമ്മം നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയില്ല ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ആ സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുമോ ആ നിലയിൽ ഇരിക്കാൻ പറ്റുമോ ഭഗവാൻ അടുത്തത് പറയണം നോക്കൂർ സദാ കുർവ്യോതം പദമവ്യമാണി എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ ഭാഷകാരൻ പറഞ്ഞു ഞാൻ വായിക്കണില്ല ഭാഷ്യക്കാരൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദോഷമുള്ള കർമ്മമാണ് നിങ്ങളുടെ തലയിൽ എഴുത്തെങ്കിൽ അതും ചെയ്തോളാം അതാണ് നിങ്ങളുടെ തലയിൽ എഴുത്തെങ്കിൽ അതും മാറ്റാൻ പറ്റില്ല എന്താണോ നിങ്ങൾക്ക് വീണ് കർമ്മം അതൊക്കെ ചെയ്തുകൊണ്ട് പക്ഷെ മദ്വ്യപാശ്രയ എന്നെ ആശ്രയിച്ചുകൊണ്ട് ഭഗവത് ആശ്രയത്തോടുകൂടെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അവിടെ അർപ്പിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ ക്രമേണ കർമ്മം കൊഴിഞ്ഞു പോകും കാരണം ഡെസ്റ്റിനി എന്ന് നമ്മൾ വിളിക്കണത് തലവിധി എന്നൊക്കെ നമ്മൾ വിളിക്കണത് വിളിക്കണത് അത് നമ്മളുടെ മുമ്പിൽ വീണ് കിട്ടിയിരിക്കുന്ന ഒരു കൃപയുടെ പഥമാണ് അത് എന്ത് ചെയ്ത് കഴിഞ്ഞാലേ അത് തീർന്നു പോകുള്ളൂ അതിനുള്ള കൂടെ നടന്നാലേ വഴി തെളിയുള്ളൂ അതുകൊണ്ട് അതിനെ വിട്ടിട്ട് ഓടിക്കളഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വീണ് കിട്ടിയിരിക്കുന്ന സാധനം നിങ്ങൾ കളയാനും അതുകൊണ്ട് എന്താണോ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത് അവിടെ നിങ്ങളുടെ മുക്തിയുടെ ബീജമുണ്ട് ഈശ്വരൻ നമ്മളെ വയ്ക്കുന്ന ഒരു സ്ഥലവും തെറ്റില്ല എവിടെ നമ്മളെ വെച്ചിരിക്കണോ അവിടെ നമ്മളുടെ മുക്തിക്ക് ഉള്ള വിത്ത് അവിടെ കിടപ്പുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ കൈവിട്ടു പോവും അതുകൊണ്ട് എവിടെ കിടക്കണോ അവിടെ ഏത് കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് ധരിക്കരുത് ജോലിയല്ല നിങ്ങളുടെ വാസന നിങ്ങളുടെ പ്രകൃതി നിങ്ങളുടെ പ്രാരബം നിങ്ങളുടെ കുടുംബം ഇങ്ങനെ ഒരു ഭർത്താവ് ഭഗവാന് എന്ന് പറഞ്ഞു ചിലർ പറയും അല്ലെ എങ്ങനെയൊരു ഭാര്യ എന്നൊക്കെ പറയും അത് എന്തിനാ തന്നിരിക്കണം ഭഗവാനെ അറിയുള്ളൂ കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ചില കുഴപ്പമുണ്ടാവും അത് തീരണവരെ അവിടെ ഉണ്ടാവും അത് തീർന്നു കഴിഞ്ഞാൽ ആ വാസനയുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ണാടിയിലൊരു മുഖത്തൊരു അഴുക്ക് കണ്ടാൽ കണ്ണാടി തുടച്ചിട്ട് കാര്യമില്ലല്ലോ മുഖത്ത് തുടക്കണം അപ്പൊ അവിടെ ശരിയാകും അല്ലേ അതുപോലെ ഇവിടെ എന്തെങ്കിലും കുഴപ്പം കണ്ടെങ്കിൽ അതിനെ എങ്ങനെ ശരിയാക്കാമെന്ന് ഉള്ളിൽ നോക്കണം ആ ഉള്ളിൽ അങ്ങനെ ശരിയാക്കി കഴിഞ്ഞാൽ വെളിയിലൊക്കെ ശരിയായിക്കോളും സമമായിക്കോളും അതൊരു വലിയ ആശ്ചര്യമാണ് അതങ്ങനെ ചെയ്യണം അതുകൊണ്ടാണ് ഋഷികള് ഒരു സിറ്റുവേഷനെയും മാറ്റാനേ സംബന്ധിച്ചില്ല നമ്മളാണ് ഇന്നിപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് ഇന്ന് കല്യാണം നാട ഡൈവേഴ്സ് ഭയങ്കര വിഷമം പിടിച്ച കാര്യമാണിപ്പോ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത് നാപ്പത് വർഷം മുമ്പ് ആരും കേട്ടിട്ടേ കാര്യമാണ് തലവിധി എന്താന്ന് വെച്ചാൽ സഹിച്ചോളുക അതായിരുന്നു ഋഷികളുടെ വഴി ഏ വിഷം ആ സഹിച്ചോളാം ഈ ജന്മത്തോട് തീർന്നു പോകും ഇല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ പിന്നെയും വരും എന്നായിരുന്നു അവിടുത്തെ വാദം ആ വാദം നമ്മൾക്ക് സ്വീകരിക്കാൻ എന്ന് വിസമ്മതിച്ചു പോകും അന്ന് തുടങ്ങി നമ്മളുടെ ബുദ്ധിമുട്ട് എന്താ തല വിധ സഹിച്ചോള വിഴുങ്ങിക്കോടാ സ്വള അസമസ്റ്റ് എന്ന് പറഞ്ഞു കരുണയില്ലാതെ പറയണ പോലെ തോന്നും പക്ഷെ കൊറേ കഴിയുമ്പോ കാണാം നമുക്ക് ഈ ലോകത്തുനിന്നൊന്നും നേടാനും കൊടുക്കാനും ഒന്നും ഇല്ല നമ്മള് നേടാനാണ് വിചാരിക്കണത് പരമാർത്ഥമാണ് ലക്ഷ്യമെങ്കിൽ ഇവിടെ ചിലതൊക്കെ തീർന്നുപോയാ ആ പാഠം കഴിഞ്ഞു വേറെ ഒരു പാഠം വേറെ ഒരു പ്രാവശ്യം ഇതേ പാഠം പഠിക്കാനായിട്ട് വരേണ്ടി വരില്ല മത്പ്രസാദാദാപ്പനോതി അപ്പൊ ഭഗവാൻ പറഞ്ഞു കർമ്മം എന്താ തലയിൽ എഴുത്തെന്ന് വെച്ചാൽ അത് ചെയ്തും കൊണ്ട് എന്നെ ആശ്രയിച്ചുകൊള്ളാ എന്നെ വിളിച്ചുകൊള്ളാ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ശാശ്വതം പദമവ്യയം പ്രാപ്നോ അവ്യയമായ ശാശ്വതമായ പരമപദത്തിനെ നീ പ്രാപിക്കും എന്നു പറഞ്ഞു പക്ഷെ ആ കർമ്മം എങ്ങനെ ചെയ്യണം അവിടെ എങ്ങനെ ജീവിക്കണം അതാണ് അടുത്തത് പറയണത് ചേതസാ സർവകർമാണീ മൈസന്യസ്യമത്പര ുദ്ധിയോഗ്രിത്യ മച്ചിത്ത സത ബുദ്ധിയോഗം എന്നൊരു യോഗത്തിനെ പറഞ്ഞു ഭഗവാൻ ഞാൻ യോഗം തന്നെയാ ചേതസ സർവകർമാണി മൈ സന്യസ്യ കർമ്മങ്ങളെ മനസ്സുകൊണ്ട് ഭഗവാനിൽ അർപ്പണം ചെയ്യണു പുറമേക്ക് വിടണില്ല ഭഗവാനെ ഇതാണ് ഈ കർമ്മം എനിക്ക് ചെയ്യാൻ എന്റെ തലയിൽ എഴുത്തി ഇതാണ് ഇതൊക്കെ അങ്ങയുടെ പാദത്തിൽ അർപ്പണം ചെയ്യും ഭഗവാന്റെ ചരണത്തിൽ അർപ്പണം ചെയ്യും ഞാൻ എന്തു പറഞ്ഞു തരാനാ അന്തര്യാമിക്ക് പോയി വലതു ഞാൻ പറഞ്ഞു കൊടുക്കണം നീ എന്റെ ഉള്ളിലുണ്ടെന്ന് ഓർക്കണു ഉള്ളൂ ശങ്കരാചാര്യർ പറയണു തനിക്ക് ഞാൻ എന്തു പറഞ്ഞു തരും കിം അന്തര്യാമിയായിട്ടുള്ള അവിടത്തേക്ക് ഞാനൊന്നും പറഞ്ഞു തരാനില്ല സർവാത ഉള്ളില് സർവാന്തരനായിട്ട് ഉള്ളിലുണ്ടെന്ന് മാത്രം ഞാൻ ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്റെ യോഗക്ഷേമധുരന്ധരസ്യ ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകാണ് ശിവാനന്ദ ലഹരിയില് അന്തര്യാമിയായ ഭഗവാൻ എന്താ നിശ്ചയിച്ചിരിക്കണം വെച്ചാൽ ഇവനെ നന്നാക്കിയിട്ടേ ഉള്ളൂന്ന് കച്ചം കെട്ടിരിക്കുക അത്രേ യോഗക്ഷേമധുരന്ധരസ്യ സകല ശ്രേയപ്രദോദ്യോഗിനാദൃ മതോപദേശകൃതിന എപ്പ വേണോ അപ്പൊ അദ്ദേഹം ഉപദേശിക്കും നമ്മൾ കേൾക്കാൻ പഠിച്ചാൽ മതി നമ്മൾ പുറത്തുള്ളതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വി ഹാവ് ലോസ്റ്റ് ദിസ് ഇന്നർ ലിസണിങ് പവർ ഉള്ളില് ഉള്ള ആളുടെ വർത്തമാനം എപ്പ വേണോ അദ്ദേഹം വർത്തമാനം പറയുള്ളു നമ്മളുടെ മൊബൈലൊക്കെ ഉണ്ടല്ലോ നമ്മള് അവസരത്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അവസരം ഉള്ളപ്പോ നിങ്ങൾ പരിധിക്ക് പുറത്താണ് വരും അപകടത്തില് ഇപ്പൊ മൊബൈൽ അല്ലെങ്കിൽ റേഞ്ച് ഇല്ല അല്ലെങ്കിൽ അത് ബാറ്ററി പോയി അല്ലെങ്കിൽ സ്വിച്ച് ഡോഫ് എന്നു വരും അവിടെ ഉള്ള ആള് പക്ഷെ ഈ ഉള്ളിലുള്ള ആള് എപ്പ വേണമോ അപ്പൊ വിൽ ബി ഓപ്പൺ പ്രപഞ്ചത്തില് മനുഷ്യേതര പ്രാണികളൊക്കെ തന്നെ അതിനെയാണ് ആശ്രയിക്കുന്നത് നമ്മൾ മാത്രാണ് അതിനെ ആശ്രയിക്കാൻ മറന്നുപോയി ഗീതയുടെ അവസാന വാക്കിലേക്ക് നമ്മൾ വരികയാണ് ഇന്നർ വോയ്സിനെ കേൾക്കാൻ പഠിക്കണം അതൊരു പുതിയ പാഠമാണ് അതാണ് യോഗം അതാണ് അധ്യാത്മചര്യ എന്ന് പറയണത്